കപടവിശ്വാസികൾക്കും കപടവിശ്വാസിനികൾക്കും സത്യനിഷേധികൾക്കും അവർ അതിൽ നിത്യവാസികളായിരിക്കുക എന്ന ജഹന്നം നരകം അള്ളാഹു സുബഹാനഹുവറ്റയാല വാഗ്ദാനം ചെയ്തിരിക്കുന്നു അത് അവർക്ക് മതിയായതാണ് അള്ളാഹു സുബഹാനഹു വയാല അവരെ ശബിച്ചിരിക്കുന്നു അവർക്ക് നിലനിൽക്കുന്ന ശിക്ഷയുമുണ്ട്